ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് വാക്യങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലിലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിനു അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലിലക്കാർ ഇതു അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാതകൾ ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഷിലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരുഷലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിന് തന്റെ മുതിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്യവൃക്ഷമുണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞാണുന്നില്ലാതാനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിസ്ഫുലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനു അവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ചും വളം ഇടുവോളോ ഈ കൂടെ നിൽക്കട്ടെ മേലാൽ കായിച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സമത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ട് നിവരുവാൻ കഴിയാതെ ഖൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു അവ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശപത്തിൽ സൌഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോടെ വേല ചെയ്യുവാൻ ആറ് ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൌഖ്യം വർദ്ധിച്ചു കൊഴുവീൻ ശപത്തിൽ അരുതെന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്കിക്കാരി നിങ്ങളിൽ ഓരോരുത്തൻ ശപത്തിൽ തന്റെ കാളയെയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ ശബത്ത്നാളിൽ ഈ ബന്ധനം അടിച്ചുവിടേണ്ടതല്ലെയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദേവരാജ്യം ഏതിനോട് സദൃശ്യം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കടുക് അത് സദൃശ്യം അത് വളർന്നു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്നു അതിന്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു അത് പുളിച്ച തുല്യം അത് ഒരു സ്ത്രീയെടുത്തു മൂന്നുപേർ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്നു പറഞ്ഞു അവൻ പട്ടണംതോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ഏർശിലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ പലരും കടപ്പാൻ നോക്കും കഴുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടേവേനെ എഴുന്നേറ്റ് കഥക അടച്ചശേഷം നിങ്ങൾ പുറത്ത് നിന്ന് കർത്താവെ തുറന്നു തരണമേയെന്ന് പറഞ്ഞുകൊണ്ട് കഥകന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവനുത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും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 തെക്ക് നിന്നും വടക്കു നിന്നും അനേകർ വന്ന് ദേവരാജ്യത്തിൽ പന്തിയിലിരിക്കും മുമ്പൻമാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട് പിമ്പന്മാരായിത്തീരുന്ന മുമ്പൻമാരുമുണ്ട് ആ നായികർ തന്നെ ചില പരീഷന്മാർ അടുത്തുവന്നു ഇവിടം വിട്ടുപോയിക്കൊള്ളുക നിന്നെ കൊല്ലുവാൻ ഇഷ്ടിക്കുന്നു അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കൂർക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരസുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റേ നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു എറിശലേമിന് പുറത്തുവച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭാവിയമല്ലോ എന്ന് പറവീൻ എറിശലേമേ എറിശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്രവട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു